മൂസ അലഹിസ്ലാം കോപത്തോടും ദുഃഖത്തോടും കൂടി തൻറെ ജനതയുടെ അടുത്തേക്ക് മടങ്ങി വന്നപ്പോൾ പറഞ്ഞു എനിക്കുശേഷം നിങ്ങൾ എത്ര മോശമായാണ് എന്നെ വിട്ടുപോയത് നിങ്ങളുടെ രക്ഷിതാവിന്റെ കൽപ്പനയിൽ നിങ്ങൾ ധൃതി കാണിച്ചോ അദ്ദേഹം നിയമപലകൾ താഴെയിടുകയും തന്റെ സഹോദരന്റെ തലപിടിച്ച് വലിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു എന്റെ ഉമ്മയുടെ മകനെ ജനങ്ങളെന്നെ ദുർബലനാക്കി അവർ എന്നെ കൊല്ലാൻ പോലും തുനിഞ്ഞു അതിനാൽ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാനിടയാക്കരുത് അക്രമികളായ ജനതയോടൊപ്പം എന്നെ ആക്കരുത്